ൂരൂർ അളവത്തരുളാളനും നികരറ്റ അൻപടയോനുമാകിയ അല്ലാഹുവരോ ഇത് ഓർ അത്യമാകും ഇതായി നാമേ അരുളി ചെയ്തു അതിലുള്ളവറ്റ വിരിയാക്കിനോ നല്ലുപദേശം പെരുവകം വചനങ്ങളെ അരുൾ ചെയ്തോ വിപചാരും വിപചാരനും ഇവ്വരൽ ഒവ്വരെയും നൂറ് കസയടി അടിയങ്ങൾ മെയ്യാൻ അല്ലാഹുവ അല്ലാഹ് വിധിത്തക്കട്ടിൽ അവർ മീതും ഉണ്ടാക്കി ഇറക്കം ഏർപ്പെടാം ഇന്നും അവരും വേദനയെയും മൌമീനുകളിൽ ഒരു കൂട്ടത്താർ നേരിൽ പാർക്കിട്ടും വിപചാരകൻ വിപചാരോ അല്ലെങ്കിൽ വണങ്ങോ അപചാരോ അല്ലെങ്കിൽ ഇണ വണങ്ങോ അവാഹം ചെയ്യമാവരോട് വിവാഹം ചെയ്തു കൊള്ളത് മോമിനു വിളക്കപ്പെട്ടിരിക്കണ മീഡിയ ഇംമാതിരി അവതൂറ് കൂറി അതായി നിരൂഹിക്ക നാല് സാക്ഷികളെ കൊണ്ടുവരവില്ലോ അവ അടിയുണ്ടാക്ഷ്യത്തെ എക്കാലത്തിലും ഏറ്റക്കൊള്ളാ നിശ്ചയമാവിലും ഇവർ ഇവർ പിന്നൗബാ ചെയ്തു കൊണ്ട് തങ്ങളെ തിരുത്തിക്കൊളോ അവയ അവ മന്നിപ്പവരവും ചിലവരുകൾ അവതൂറ് കൂറി അതെ നിരൂപിക്ക തങ്ങളെ അൻി അവം വേറെ സാക്ഷികൾ ഇല്ലാമെന്താൽ അവൻ നിശ്ചയമാർ അല്ലാഹുവൻ മീത് നാല് മുറി സത്യം ചെയ്തു കൂറി ഐതാവത് മുതൽ താൻ പൊയ്സൊൽ നിശ്ചയമാ അല്ലാഹുടേ സാപം തൻമീത് ഉണ്ടാകട്ടും അവൻ കൂറ വേണ്ട ഇന്നും അവനുടേ മനവി തൻ കുറ്റത്തെ മറത്ത് തൻ മീതു ദണ്ഡനയെ വിളക്ക നിശ്ചയമാ അവൻ കൊയ്യുകളിൽ നിന്നും ഉള്ളവൻ അല്ലാഹുവൻ മീഡിയ സത്യം ചെയ്തു നാല് മുറി കൂറി ഐതാവത് മുറ അവൻ ഉമ്മയുള്ളവനാൽ നിശ്ചയമാപം തൻ മീതു ഉണ്ടാവും അവൾ കൂടും ഇന്നും ഉൾ മീത് നല്ലരുളും അവനുടേ റഹ്മും ഇല്ലാതോ ഉഴി ഉണ്ടായിരുന്നു നിശ്ചയമുഖ അല്ലാത്തക്കൊള്ളവരാവും ഞാനമുടിയവനാ എവർ പഴി സുമത്തിനാളോ നിശ്ചയമാങ്ങളിൽ ഒരു കൂട്ടത്തിനേ ആനാൽ അത് ഉണ്ടു തീങ്കു എന്ന് എണ്ണ വേണ്ട അത് ഉണ്ടാക്കി നന്മയാകും പഴി സുമത്തിയവളിൽ ഒര് മനുതനക്കും അവൻ സമ്പാദിത്ത പാവം അതൊക്കെ ഒപ്പ തണ്ടനെ ഇരിക്കുന്നത് അപ്പഴിമത്തിയവളിൽ പെരും പങ്കെടുത്ത് കൊണ്ടവനുക്ക് കഠിനമായ വേദന ഉണ്ട് മോമിനാണ് ആണുകളും മോമിനാണ് പെണ്ണുകളും ആകിയേൾവിയൂട്ട പോമിനെ പറ്റി നല്ലെണ്ണം കൊണ്ട് ഇത് ബഹിരംഗമാണ് വീൺ പഴിയേ ആകും എന്ന് കൂറിയിരിക്കാമഴി നാല് സാക്ഷികളെ കൊണ്ടുവരവാ അവർ സാക്ഷികളെ കൊണ്ടുവരവില്ലിൽ അവഹ് ഇടത്തിൽ പൊയ്യലുകള ും മറിലും അല്ലാഹു അറിവും ഇല്ലാതെ ഈ കഠിനമായ വേദന ഉണ്ടായി തീണ്ടിരിക്കും ഇപ്പഴിയെ ഒരുവരിടൊരുവരായി ഉള്ള എടുത്ത് ചൊല്ലിക്കൊണ്ട് ഉണ്ടു തട്ടി അറിവില്ലാത്ത ഒന്നെ പറ്റി ഉൾപ്പെട്ട ആണോ അത് അല്ലാഹുവിടത്തിൽ മികപ്പെതായി ഇന്നും ഇതെങ്കിൽ പോലും ഇതെപ്പറ്റി നാം പേശുവ നമുക്ക് തകതിയില്ലേ നായനേ നീയേ തൂയവൻ ഇവർ പഴി ഇത് മികവും പെരിതാകും കൂട വേണ്ടാ നിങ്ങൾ ഇതുപോല പഴി സുമത്തുവൻപാൽ മീഴലാകാതെ അല്ലാഹ് ഉപദിക്കാൻ ഇന്നും അല്ലാഹ് തൻ വസനങ്ങളെ ഉണ്ടാക്കി നനു വിവരിത്ത് കൂടു ും അറിവൻ വിവേകം നിക്കോൻ യവർ ഈമാൻ കൊണ്ട് എത്തക്കേടാന വിഷയങ്ങൾ പരവ വേണ്ടോ അവശ്ചയമാറും നോവിനെ ചെയ്യും വേദന ഉണ്ട് അല്ലാഹ് യാാവത്തെയും അറിയാൻ നിങ്ങൾ അറിയ മാറ്റീനും ഉൾ മീത് അല്ലാഹുവൻ അരുളും അവനുടേ റഹ്മും ഇല്ലാതിരുന്ന ീണ്ടിരിക്കും നിശ്ചയമാടയവനാ അൻപടിയവനാ ഈമൻ കൊണ്ടവുകളേ ഷൈതാനുടേ അടി ചോടുകളുടെ അടിച്ചോടുകാനോ അവനെ ഷൈതാൻ മാന കേടാറ്റും വെറുക്കത്തക്കവറ്റെയും ചെയ്യവാന് അന്റിയും ഉൾ മീത് അല്ലാഹുവ അറിവും അവരുടെ രഹമത്തും ഇല്ലാതെ ഉള്ളിൽ എവരും എക്കാലത്തും തൗബാ ചെയ്തു അടിക്കാൻ താൻ നാടിയവളെ അല്ലാഹ് പടുത്തേലും അല്ലാഹ് യാവത്തെയും ചെവി ഉരുവനാമ നനു അറിവനാ ഇന്നും ഉള്ളിൽ ഇവന കൊടെ അരുളപ്പെട്ടവുകളും ഡക്ക വസതി ഉടയവുകളും ഉറവിനും തം ഇടങ്ങളെ വിട്ട് അല്ലാഹുവിൻ പാതയിൽ ഹിജറത് ചെയ്തവർക്കും എം കൊടുക്കുന്നത് സത്യം ചെയ്യാം അവർ തവണ അല്ലാഹ് ഉണ്ടെങ്കിൽ മന്നിക്കും വരുമ്പോലും അല്ലാഹ് വിഴയ പൊരുപ്പവൻ മിക മന്നിപ്പവൻ അൻപ മിക്കവൻ എവൾ മോമിനാണ് ഒഴുക്കമുള്ള ഏറെ പെൺകുട്ടികൾ മീത് അവതൂറ്ോ അവർ നിശ്ചയമാറമയിലും സഭിക്കപ്പെട്ടവർ ഇന്നും അവർക്ക് കടുമയാണ് വേദനയും ഉണ്ട് അളിൽ അവർ അവൈകളും അവർ കാളുകളും അവർക്ക് എതിരായി അവർ ചെയ്ത പറ്റി സാക്ഷ്യം കൂറും അതിൽ അല്ലാഹ് അവായ കൂലിയെ അവരണമു കൊടുപ്പാണ് ഇന്നും അല്ലാഹ്താൻ പ്രത്യക്ഷമാണ് ഉമ്മയാണ് അവർ അറിഞ്ഞകൊള്ളവാര ആണുയ ആണുകൾ നല്ല തകുതിട്ടോരേ അവതോറ കൂടുവോരും കുറ്റച്ചാട്ടിലും പരിശുദ്ധമായവർ ഇവർക്ക് മന്നിപ്പും കണ്യമാണ് ഉണവും ഉണ്ട് ഈ മാന് കൊണ്ടവുകളെ ീ അവം അനുമതിപ്പെട്ട അവരെ അവൾ പ്രവേശിക്കാതി അവപ്പതുവേ ഉും നർബോധന ഇത് ഉണ്ടു കളി എവരെയും കാണാവിട്ടാൽ ഉണ്ടു അനുമതി കൊടുക്കപ്പെടും അതിൽ പ്രവേശിക്കാതി അുംപി പോയി വിടുങ്ങൾ അവാറെ വി അത് മികവും പരിശുദ്ധതാകും അല്ലാതെ നനു അറിവൻ എവരും വസിക്കാതെ വീടുകളിൽ ഉള്ള അവശിപ്പ് ഉൾ മീതു കുറ്റമാകാതെ അല്ലാഹ് നിങ്ങൾ ബഹിരംഗമായി ചെയ്യും മറത്തു വെപ്പതയും നനു അറിവാണ് നബിയേ മോമീനുകളാണ് ആണവർക്ക് അവർ തങ്ങൾ പാർവകളെ താഴ്ത്തിക്കൊള്ളും തങ്ങൾ വെട്ടത്തലങ്ങളെ പാകാത്ത് കൊള്ളും അത് അവർക്ക് മിക പരിശുദ്ധതാകും നിശ്ചയമാ നനു തെരിന്തവൻ ഇന്നും മോമീനാണ് പെൺകുട്ടിക്കും നീർ കൂടുവിയാ അവൾ തങ്ങൾ പാർവകളെ താഴ്ത്തിക്കൊള്ള വേണ്ട വെക്കത്തലങ്ങളെ പാതു കൊള്ള വേണ്ട തങ്ങൾ അഴകു അലങ്കാരത്തെ അത് നാധാരണമായ എം കാട്ടലാകാതെ ഇന്നും തങ്ങൾ മുൻതാണുകളിൽ അവർ താർപയ മറത്തു കൊള്ള വേണ്ടും മോമിനാണ് പെൺകുട്ടികൾ തം കണവർ അല്ലത് തം തന്നയ അല്ലത് തന്നയ അല്ലത് തം പുതൽവർ അല്ലത്വ അല്ലത് സഹോദരൻ അല്ലത് തം സഹോദരങ്ങളിൽ അല്ലത് സഹോദരികളിൽ അല്ലത് തങ്ങൾ പെൺകുട്ടികൾ അല്ലെ തലക്കരങ്ങൾക്കൊണ്ടവർ അല്ലെ ആഡവുകളിൽ തമ്മ അണ്ടിവാളും പെൺകളെ വ്രിയ അളവ് വയതാനവർ പെൺകളി മറവാന അംഗങ്ങളെ പറ്റി അറിഞ്ഞുകൊള്ളാ സകിയ ഇവർ തവര വേറെ ആണു തങ്ങളുടെ അഴകു അലങ്കാരത്തെ വെളിപ്പെടുത്തൂ താങ്കൾ മറത്തുക്കും അഴകു അലങ്കാരത്തിലെപ്പടുമാർ തങ്ങൾ കാലുകള ഭൂമിയ തട്ടി നടക്കാം ഓമീങ്ങളെ ഇതിൽ ഉങ്ങളുടെ ഏതേനും തവർ നേരിട്ട് തവണ പിഴെ പൊറക്ക തേടി വെച്ചി വെറും പൊരുട്ട് നിങ്ങൾ അനവരും അല്ലാഹുവ പക്കം തീർച്ച ഇന്നും ഉള്ളിൽ വാഴ തുണയില്ലാ ആഡവർ പെണ്ണി അവാറേവാണില്ലാ സാലികൾ അടിമകളുക്കും വിവാഹം ചെയ്തു വയ്യുണ്ടാകും ഏഴുകളായി അല്ലാഹ് തൻ്റെ കൊണ്ട് അവർ സീമാകളാക്കി വെപ്പാഹ് കൊടയിൽ വിശാലമായവൻ യാവറ്റെയും നങ്കവൻ വിവാഹം ചെയ്തു ഉയർന്ന വസടികളെ കൊള്ളാ അവളിനാൽ സീമാകളാക്കും വരെ അവർ തനതെ കട്ടപ്പെടുത്തി ൂമയൊള്ള വരക്കരങ്ങൾക്കൊണ്ടവ അല്ലാതിരമാവം വരുമ്പിനാൽ അതുകൊണ്ട് ഉറിയ നന്മയാണ് തകതിയ അടിമയുടം അറിവീകളായി അവർക്ക് ഉത്തരം എഴുതി കൊടുങ്ങും അതാണ് അല്ലാതെ ഉണ്ടാക്കി തന്നെ അവ കൊടുപ്പീളും തെണി കൊള്ള വരുമ്പും ഉൾ അടിമ അർപ്പമാണ് ഉലകവാഴ വസികളെ തേടിയവളാ വിവചാരത്തു അവർബന്ധിക്കാതി അപ്പടി എവനേനും നിർബന്ധത്തിട്ടുപിൻ നിർബന്ധത്തുളള അവർ മീത് അല്ലാഹ് മിക്ക മന്നിപ്പുടയുടയു തെളിവാക്കും വസനങ്ങളെയും ഉണ്ടു മുൻ പോണവുകള ഉദാഹരണത്തെയും ഭയഭക്തി ഉടയോർക്ക് നല്ല ഉപദേശത്തെയും നാം ഇറക്കി വയ്ക്കുന്നോ അല്ലാ വാനങ്ങളുടയവും ഭൂമിയുടയവും ഒളിയാകും അവൻ ഒളിക്ക് ഓമയാവത് വിളക്ക് തന്നുള്ളേക്കും ഒരു മാടത്തെ പോലാകും അവവിളക്ക് ഒരു പളിങ്കിൽക്കിഷയമാളിങ് ഇളങ്ങും നടത്തുന്നത് മുബാരക്കാണിയമിക്കൂൺ ഒലിവ മരത്തിൽ എണ്ണയാലാൽ അത് എരിച്ച അം മരം അത് കിഴക്ക് ദിശയിൽ ഉള്ളതും അല്ലു ദിശയിൽ ഉള്ളതും അല്ല അതെ നെരുപ്പ് നിലയിലും അത് ഒലിവത്തിൽ എണ്ണ പ്രകാശമളിക്കുക ഒളി ഒലിയമീത് അല്ലാ താൻ നാടുപരയ്ക്ക് വഴികാട്ടുകൾ ഇന്നും അല്ലാഹ് മനുതൃക്ക് തൻ തന്മയെ ഉണർത്തും പൊരുട്ട് ഇത്ത വിവരിക്കും അല്ലാഹ് എല്ലാ പൊരുക്കളെയും നനു അറികവിലൻ പെർ ഉയർത്തി കണ്ണിയപ്പെടുത്തപ്പെട്ട് ധ്യാനിക്കപ്പെടാ ഉത്തരവ് കൊടുത്തി അവനെ തുതി ചെയ്തു കൊണ്ടുപാർ അവ മനുതായി ധ്യാനിപ്പതെ വിട്ടും തൊഴുകയെ മുറിയാ നിലവേറ്റും കൊടുപ്പതായി വിട്ടും അവരുടെ വാണിപമോ കൊടുക്കൽ വാങ്ങലുകളോ പരാമുഖമാക്കയങ്ങളും പാർവുകളും കലങ്കി തടുമാറ്റം അടയുമേ അത് ഇതി നാളെ അവർ അഞ്ചുവ അവർ ചെയ്ത മിക അഴകാനായി അവർക്ക് അല്ലാ കൂലിയാ കൊടുപ്പും അവരുടെ നല്ല അരുളെ കൊണ്ട് അവൻ കൊടുപ്പതായി അവൻ അധികവും ഭയഭക്തും അാഹ് താൻ നാടിയവർക്ക് കണക്കിൻ്റെ കൊടുക്കാം അഞ്ചിയും എവർ കാ അവലുകൾ പാളവനത്തിൽ തോറ്റമളി കാണൽ നീരെ പോലാകും ദിത്തവൻ അതെ തന്നീർന്നേ എണ്ണകരയൽ അതക്കു അരു അവൻ വരുംപോലും ഒരു പൊരുളയും അങ്ങേ കാണാനേ അതുവരെ ആണോ അങ്ങു അവൻ അല്ലാഹ് അവനു വിധ മുടി കാണാൻ അതേ അള്ളാഹ് അവൻ കണക്കായി തീർക്കാൻ അല്ലാഹ് കണക്ക് തീർപ്പതിൽ ദുരിതമായവൻ അല്ലെങ്കിൽ അവരുടെ നില ഇരുളുക്ക് ഒപ്പാകും കടലിൽ ആഴത്തിലുള്ള ഓർ അലൈ വന്ന് മൂടുകേൽ അലൈ അളുകളും അടുക്കടുക്കായി സിലവറ്റ മൂടിക്കൊണ്ട അപ്പോഴത് അവൻ തൻ കൈയെ വെളിയേറ്റ അവനാൽ അതെ പാർക്ക മുടക്ക ഒളിയെ ഏർപ്പെടുത്തോ അല്ലാ അവനുക്ക് എങ്കിലും ഒളിയില്ലേ നബിയേ പാർക്കില്ല വാനങ്ങളിലും ഭൂമിയും ഉള്ളവയും വിണ്ണിൽ തങ്ങൾ ഇറക്കുകൾ വരിത്തനും നിശ്ചയമാസ്പീസ് ചെയ്തുക്കി ഒന്നും തൻ കൊളുകയു അല്ലാഹായി തസ്ബീസ് ചെയ്യും വഴിയെയും അറിവേ അല്ലാഹവും അവരെ ചെയ് നനു അറിവാണ് ഇന്നും വാനങ്ങളുടയവും ഭൂമിയുടയവും ആക്ഷി അല്ലാഹുവിടമേക്കും അല്ലാഹുവ പക്കമേ യാവും മീണ്ടിയിരക്കേർ പാർക്കവില്ല അല്ലാ മേഘത്തെ മെതുവായി എഴുത്ത് പിന്ന അവ ഒന്നായി ഇണയച്ചു അതെ ഒന്നിൻ മീഡിയ ഒന്ന് സേർത്ത് അടർത്തിയാക്കുക അപ്പാൾ അതവേ മഴിയാവ പാർക്കി ഇന്നും അവൻ വാലത്തിൽ മലകളെ പോലക്കൂട്ടങ്ങളിലെ പനിക്കട്ടിയും ഇറക്കി വയ്ക്കുന്നവർ മീത് വിളുംബടി താടിയവർ വിട്ടും അത് വിലക്കിയും വിടുക മിന്നൊഴി പാർവകളെ പറക്ക നെരുങ്ങുക പകലെയും അല്ലാഹേ മാറി മാറി വരച്ചേക അക പാർവയുടയു തക്ക പഠിപ്പിനെക്കേലും എല്ലാ ഉയർപ്രാണികളെയും അല്ലാഹ് നീരിലിന് പഠത്ത് അവറ്റിൽ തൻ വയറ്റിൻ മീത് നടപ്പവയും ഉണ്ട് അവറ്റിൽ ഇരു കാലുകളിൽ നടപ്പവയും ഉണ്ട് അവറ്റിൽ നാന നടപ്പവയും ഉണ്ട് താൻ ആടിയതെ അല്ലാഹ് പഠിക്കാൻ നിശ്ചയമാ അല്ലാഹ് എല്ലാവീതും പേരാറ്റൽ ഉടയവനായി നിശ്ചയമാ നാം തെളിവും വസനങ്ങളെയേ ഇറക്കിയിരിക്കും താൻ ആടിയോരായി അല്ലാഹ് നേർവെളിപ്പെടുത്താൻ അല്ലാഹുവിൻ മീതും ഇത്തൂതർ മീതും നാളെ ഈമാൻ കൊണ്ടോം അവീഴ് പടികോം എന്ന് കളി ആനാൽ അതോ അവർ പ്രിവാ പുറക്കണിത്ത് വിടുകാര ഉമയിൽ നോമീന അല്ലേ വിവകാരം ഏർപ്പെട്ട് അത് പറ്റിയ തീർപ്പ് പെ അല്ലാവിടമ അവൻ തൂതരിടമും മറുപടി അഴിക്കപ്പെട്ട അവരുവർ അവർ ആ പക്കം ഉയായം എടുക്കാനാൽ വഴിപെട്ടവുകള അവരിടം വരുക അവയങ്ങളിൽ നോയ്ക്കാ അല്ല അവരെ പറ്റി അവർ സന്തോഷപ്പെടുക അല്ലെ അല്ലാഹവും അവനുടേ തൂതരും തങ്ങൾക്ക് അനുയായം ചെയ്വാൽ അഞ്ചുക അല്ല അച്ചം പോ കാരണമാനുയായം ചെയ്തു കൊള്ളയ ഉണ്ണ മോമീനുകള വിവഹാരങ്ങളിൽ തീർപ്പ് കൂർവഹുവിടമും അവനുടേ തൂതരിടമും വരുംബടി അഴക്കപ്പെട്ട നിശ്ചയമാൽ എല്ലാം ുറ്റോം അതീപ്പടിപത് ഇത്താം അടുന്നവർ ഇന്നും എവർ അല്ലാഹുക്കും അവരുടെ തൂതരുക്കും കീഴ്പടി അല്ലാഹുക്ക് ഭയഭക്തി കൊള്ളോ അവർവാക്കിയം പെട്ടവർ ഇന്നും നബിയേ നയ വഞ്ചകൾക്ക് കട്ടളയിട്ടാൽ നിശ്ചയമാ പോറപ്പെടുവ അല്ലാഹുവൻ മീത് പ്രമാണങ്ങളിൽ ഉറണിയാ സത്യം ചെയ്തു കൂടുതലാൽ അവരെ നോക്കി സത്യം ചെയ്യാറുണ്ടോ ഉള്ള കീഴ്പളിതൽ തെരിദ്താ നിശ്ചയമാുങ്ക നനു അറിവൻ കൂടുവീരാണ് അല്ലാഹുക്ക് കീഴ്പടിയുങ്ങൾ ഇന്നും അവനുടേ ും കീഴ്പടിയുങ്ങൾ നവിയേ നീർ കൂടുവീരാണ് ആണോ പുറക്കണിക്ക് പടുവീകളായ അവർ മീതുുള്ള കടമയെല്ലാം തൻ മീതു സുമത്തപ്പെട്ട തൂതു ചെയ്യെ ഉങ്ങളുടെ അറിയിപ്പത് താൻ ീതുള്ള കടമയാണ് ഉൾപ്പെട്ട വഴിപെടുവുതാണ് അവരുടെ കീഴ്പടി നടന്നാൽ നേർവഴി പെരുവീൽ ഇന്നും നം തൂതയ് തെളിവ ഏത് വിപ്പതെ തവരവും നം തൂതർ മീത് കടമയിൽ ഉള്ളിൽ എവർ ഈമാൻ കൊണ്ട് സാലികളുകൾ പുരുകോ അവ അവൻ ഇരുന്നോരെ ഭൂമിക്ക് ആക്ഷിയാളാക്കിയതുപോലെ ഭൂമിക്ക് നിശ്ചയമാളുകളാക്കി വെപ്പും ഇന്നും അവൻ ഇതെന്തൊണ്ട അവ അച്ചിട്ട അമതിയെ കൊണ്ട് ിൽ മാരിക്കോ നിങ്ങളെ കിഴിവയെ നിലനിർത്തുക കൊടുങ്ങും അല്ലാഹുവൻ തൂതരു കീഴ്പടിയുങ്ങൾ നിരാകരിപ്പവർ ഭൂമിയും ഉണ്ടെങ്കിൽ മുറിയടി വിടുവിയേ നിശ്ചയമായി എണ്ണ വേണ്ടാം ഇന്നും അവർ ഒരുങ്ങുമിടം അത് മിക സേരും ഇടമാകും ഈമു കൊണ്ടവുകളേ ഉൾപ്പെടി ഉള്ളിൽ പരുവം അടയാളും ഉണ്ടാകും മൂന്ന് നരങ്ങളിൽ ഉള്ള അനുമതി കോരവയ്ക്ക് മുൻ മേൽമിച്ച കളും നുഗർ നേരത്തിലും ഈഷാ തൊഴുകും ആകെ ഇരങ്ങളും ഉണ്ടായി അമയപ്പെട്ടുള്ള മൂന്ന് അന്തരംഗും ഇവരേ അടിമുകളും കുഴപ്പമില്ല അനുമതിയെ ഉൾപ്പെും അവർ മീതും കുറ്റം ഇല്ല ഇവർ അടിക്കടി ഉടമ ഉടം വരവേണ്ടിയവർ എൻപതിനാൽ ഇവർ അല്ലാഹ് തൻ വസനങ്ങളെ ഉണ്ടാക്കി വിവരിക്കുന്ന യാവയും നന്ദി ഞാനം മിക്കവൻ ഇന്നും ഉള്ളിൽ ഉള്ള കുഴപ്പമില്ല പ്രായം അടതുവിട്ട അവയുൾ മൂത്തവർ അനുമതി കെപ്പതുപോല അനുമതി കേൾക്കും ഇവറേ അല്ലാഹ് തന്നുടേ വസനങ്ങളെ ഉണ്ടെന്ന് വിവരിക്കുന്ന അല്ലാഹ് യാവറ്റെയും അറിവൻ ഞാനം മിക്കവൻ മേലും പണികളിൽ വിവാഹത്തെ നാടമ മുതിർന്ന വയതായി അടതുവിട്ട പെൺ തങ്ങൾ അഴഹ് അലങ്കാരത്തെ പേരേക്ക് വെളിയാക്കാതായ നിലയിൽ തങ്ങൾ നേലാടികളെ കഴിച്ചിരുപ്പത് അവർ മീത് കുറ്റം ഇല്ല ആവ് ഒഴുകെ പേണിക്കൊരു അവർക്ക് മികവും നലു അല്ലാത്തേപ്പവൻ നനു അറുകവൻ മോമീൻ കളേ ഉണ്ടായി ഉണമരുവിൽ കുരുടർ മീതും കുറ്റമില്ല മുടവർ മീതും കുറ്റമില്ല നോയളിയും മീതും കുറ്റമില്ല ഉൾപ്പെും കുറ്റമില്ലോ അല്ലെ വീടു അല്ലത് ഉൾ തായ്മാർ വീടു അല്ലത് ഉൾ സഹോദരർ വീടു അല്ലത് ഉൾ സഹോദര വീടു അല്ലത് ഉൾ തന്നയ സഹോദരർ വീടു അല്ലെങ്കിൽ ഉൾപ്പെടെ തന്നയ സഹോദര അല്ലത് ഉൾ തായും സോദര വീടുോ അല്ലത് ഉൾ തായാരൻ സഹോദര വീടുകളിലോ അല്ലോും അല്ലോരുന്ന വീടുകളിലോ നിങ്ങൾ പുഷിപ്പത്ോ പുതി ഉൾ കുറ്റമാകാതെ ആണോ എന്ത വീട്ടിൽ പ്രവേശിത്താലും അല്ലാഹുവിടം ഇരുന്ന് ഉണ്ടുക്രും മുബാരക്കാക്രിശുദ്ധ അലൈക്കും എന്നും നൽവാക്കിയ കൂിക്കൊള്ള ഇവു അല്ലാ ഉൻ വസനങ്ങളെ വിവരിക്ക അല്ലാഹുവൻ മീതും അവനുടേ തൂതൽ മീതും ഈമാൻ കൊണ്ടവുകളേ ഉന്നെ മോമീനുകളാവലും അവർ ഒരു പൊതുവാന കാര്യം പറ്റി അവർ ആലോചിക്കൂടി പോലും അവരുടെ അനുമതി അങ്ങനെ മാറ്റി നബിയേ ഉം അവയ മീതും അവൻ തൂതർമീതും മെയ്യാധ ഈമാൻ കൊണ്ടവർ ആകെ തങ്ങൾ കാര്യങ്ങൾ ചിലവറ്റ അവർ ഉമ്മടം അനുമതി കേട്ടാൽ അവർ വരുമ്പോൾ അനുമതി കൊടുപ്പീരാണ് ഇന്നും അവാഹുവിടം മുന്നിപ്പ് കോരുവീരാ അവൻകളെ ഉള്ളിൽ അഴപ്പതുപോലെ ഇടയിൽ അല്ലാഹുടേ തൂതരീൻ അഴൈപ്പെ ആക്കാതി ഉങ്ങളിൽ ഇരുന്ന് അവരുടെ സഭയിലി എവർ മറവാ നഴുവിടുക്കോ അവടാഹ് നനു അറിവാണ് അവരുടെ കട്ടളക്ക് മാറാ അവർ തങ്ങളുടെ ചോദന പിടിച്ച് കൊള്ളോ അല്ലെങ്കിൽ തങ്ങളെ നോവിനികൊള്ളോ അഞ്ചിക്കൊള്ളട്ടും വാനങ്ങളിലും ഭൂമിയും അല്ലാഹുക്കേ അറിഞ്ഞുകൊള്ള നിലയിൽ അതെ അവൻ നനു അറിവാണ് അവനിടത്ത് അവർ മീട്ടപ്പെടും അന് നാളിൽ അവൻ അവർ ഇമ്മയിൽ എന്നു കൊണ്ടിരുന്ന അവർക്ക് അറിയിപ്പാൾ അല്ലാ എല്ലാ പൊരുള പറ്റിയും നനു